സത്യനിഷേധികളെ അഗ്നിയുടെ മുന്നിൽ ഹാജരാക്കുന്ന ദിവസം അവരോട് പറയപ്പെടും നിങ്ങളുടെ ഐശ്വര്യങ്ങൾ ദുനിയവി ഐസോജെ ജീവിതത്തിൽ നിങ്ങൾ ചിലവഴിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തു അതിനാൽ സത്യമില്ലാതെ ഭൂമിയിൽ നിങ്ങൾ അഹങ്കരിച്ചതിനും നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചതിനും ഇന്ന് നിങ്ങൾ അപമാനകരമായ ശിക്ഷയ്ക്കർഹരാണ്